നമ്മുടെ അടുക്കൽ നിന്ന് സത്യം അവരുടെ അടുക്കൽ വന്നപ്പോൾ അവർ പറഞ്ഞു മുസ അലിഹിസലാമിന് നൽകപ്പെട്ടതുപോലെ എന്തുകൊണ്ട് ഇദ്ദേഹത്തിന് നൽകപ്പെട്ടില്ല മുസഅ അലിഹിസ്സലാമിന് നൽകപ്പെട്ടതിനെ അവർ മുൻപേ നിഷേധിച്ചില്ലേ അവർ പറഞ്ഞു രണ്ട് മാന്ത്രികവിദ്യകൾ പരസ്പരം സഹായിക്കുകയാണ് അവർ പറഞ്ഞു തീർച്ചയായും ഞങ്ങളിവ രണ്ടിനെയും നിഷേധിക്കുന്നു